അവരിലേ ഒരു മനുഷ്യന് ജനങ്ങളെ താക്കീത് ചെയ്യാനും വിശ്വസിച്ചവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാനും നാം വഹി നൽകിയത് ജനങ്ങൾക്ക് അത്ഭുതകരമായി തോന്നിയോ സത്യനിഷേധികൾ പറഞ്ഞു തീർച്ചയായും ഇവൻ വ്യക്തമായൊരു മാന്ത്രികനാണ്